मूल सुमेलोडि कठोवंशत द्वितीय अध्याय प्रथम वदी परां ची खानी वितन स्वंभू तस्मान परंग बसिरी नंदरा मन कष्ट धीरः प्रत्यगात्मानम इच्छत ആവൃത്തച്ചുരമൃതമിച്ഛൻ പരാ ചാമാനയന്തി ബാളാ തേ മൃത്യോരന്തി വിതസ്യ പാശം അധ ധീരാ അമൃതം വിദ ധ്രുഷ്യാർയേനം രസം ഗന്ധം ശബ്ദസ്പർശ മൈഥു അത്ര പരിശിഷ്യത്തി സ്വപ്നം ജാഗരിതോ ഏനുപയേ മീരോ യൈമം മധ്വദം വേദ ആത്മാനം ജീവമന്തിക ൂതഭവ്യ തോ വിജഗുസത്തെ പൂർവം തപസോ ജാതൃ പൂർവം അജായത ഗുഹം പ്രവ്യ തിഷന്തം യോ ഭൂതേഭ്യപശ്യത യേന്വൈത്ത സംഭവത്തി അതിർദു പ്രവിശ്യ തിഷന്തിന്വൈ തരണ്ോർത്തോജാതേത ൈശോദി സൂര്യോ അസ്തേ േ അർപ്പ തേതി കൈ തദ്ഹ തദ മൃത്യസമൃത്മാനോതിൈഹ് നാനേ പശ്യതി മനസേ വേദമാർ സമൃദ്ധി യൈഹ നാനേ പശ്യത്തിഷ മധ്യാത്മനി തിഷത്തി ഈശാനോ ഭൂതഭവ്യ നോ വിജഗുസതിരുഷോ ജ്യോതിരിവാധുമകൂതഭവ്യൈവാദു ഏതത്വ ത യഥോദം ദുർഗേ വൃഷ്ട പശ്യൻ തന്നേവാൻ ശുദ്ധേ ശുദ്ധം ആസക്തം താദൃഭവതി ആത്മാഭവതി ഗൌതമ പന്ത്രണ്ട് പതിമൂന്ന് പുരുഷൻ പരമാത്മാവ് തന്നെ ആണ് ഹൃദയത്തിൽ ഭൂതഭാവികളുടെ എല്ലാം ഈശ്വതാവായി സ്ഥിതി ചെയ്യുന്നത് നിലനിൽക്കുന്നതാണ് എന്നിങ്ങനെ ഭേദദർശനത്തെ നിഷേധിച്ചുകൊണ്ട് അഭേദ ദർശനത്തെ സമർത്ഥിച്ചു അടുത്ത ഭാഷകാരൻ പറയുന്നത് പുനരഭി ഭേദദർശന അപവാദം ബ്രഹ്മണ വീണ്ടും ഭേദദർശന അപവാദം ഭേദദർശനത്തെ നിഷേധിക്കുകയാണ് ബ്രഹ്മത്തിൽ പരമാത്മാവിൽ ഭേദ ദർശനം പാടില്ല അത് തന്നെയാണ് ഹൃദയാകാശത്ത് സ്ഥിതി ചെയ്യുന്നത് ഇക്കാര്യം വ്യക്തമാക്കുന്നതിന് വേണ്ടി അടുത്ത പതിനാലാമത്തെ മന്ത്രം പറയുകയാണ് ദുർഗെ ഭം യഥം ദുർ ദുർഗമേ ദേ ഉച്ച ദൃഷ്ടം സിക്തം പർതവത്സു നി ഉയർന്ന പ്രദേശത്ത് ഇവിടെ പർവ്വതത്തിന്റെ ഉയർന്ന ദേശത്ത് വീഴുന്ന വെള്ളം ഉച്ച ഭം വർഷിക്കുന്ന മഴയും മറ്റും മഴ പെയ്ത് വെള്ളം വീണുകഴിഞ്ഞാൽ സിക്തം അവിടെ വീഴുന്ന വെള്ളം പർവ്വത പ്രദേശേഷു പർവ്വതേഷു എന്ന് വെച്ചാൽ അതിന്റെ താഴ്വാരങ്ങളിലേക്ക് വന്ന് വിധാവതി ആ താഴ്ഭാഗങ്ങളിലേക്ക് ഒഴുകിവന്ന് വികീർണം ചിതറി തദ്ശ്വര്യ നശിക്കുന്നു മുകളിൽ വീഴുന്ന വെള്ളം അത് താഴേക്ക് ഒഴുകിവന്ന് അത് പലതായി അതായത് വീഴുമ്പോൾ അത് ഒന്നായിരിക്കും ഒരു ഭാഗത്ത് വീഴുന്നു ആ ഒരു ഭാഗത്ത് വീഴുന്ന വെള്ളം പലതായി കഴിയുമ്പോൾ ഒന്നായിരിക്കുന്നത് പലതായിരിക്കുമ്പോൾ അത് നശിച്ചു പോകുന്നു അത് വിനശ്ചരി വെള്ളമേ ഇല്ലാതായിത്തീരുന്നു അപ്രത്യക്ഷമാകും മോൾ പർവ്വതത്തിന്റെ മോൾ ഭാഗത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് താഴേക്ക് പല ഭാഗങ്ങളിലേക്ക് ഒഴുകി അത് അപ്രത്യക്ഷമായി പോകുന്നു ഒന്ന് പലതായിത്തീരുമ്പോൾ നശിക്കുന്നു എന്നുള്ളതിന് ദൃഷ്ടേ ഭി അനുവിധാവതി ശരീരമേ പ്രതിപദ്ധ്യം ധർമാൻ പൃഥക് പശ്യൻ ം ധർമാൻ ആത്മനഹ ധർമാൻ ആത്മധർമ്മങ്ങളെ അതായത് ആത്മാവ് പലതാണെന്ന് കാണുന്നവൻ ആത്മധർമ്മങ്ങളെ പലതായി കാണുന്നു ഓരോ ശരീരത്തിനും വേറെ വേറെ ആത്മധർമ്മങ്ങളാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാണുന്നു ഭിന്ന ഭിന്ന രൂപങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ആത്മാവിന്റെ ഭിന്ന ഭിന്ന ധർമ്മങ്ങളാണ് ജീവന്മാരെല്ലാം വേറെ വേറെയാണ് പ്രതിശരീരം ഭിന്നമാണ് ഈ തരത്തിലെല്ലാം കാണുന്നവൻ ഈശ്വരൻ വേറെയാണ് പ്രതിശരീരത്തിനും ഭിന്നങ്ങളാണ് അത് ഏകമായിരിക്കുന്ന ഒന്ന് പലതായി കാണുമ്പോൾ അത് നശിക്കുന്നു ഏകമായ ഒന്ന് പലതായി തീരുമ്പോൾ അതില്ലാതായിത്തീരുന്നു അതുപോലെ ഏകമായിരിക്കുന്ന ഒന്നിന് ഒരുവൻ നമ്മുടെ മനസ്സുകൊണ്ട് പലതായി കണ്ടുകഴിഞ്ഞാൽ പൃഥക് പശ്യൻ വേറെ വേറെ കാണുന്നവൻ ും ആത്മാവ് അന്യൻ വേറെ എന്ന് കരുതുന്നവൻ ആ ശരീരഭേദത്തെ അനുവർത്തിക്കു ശരീരഭേദത്തെ സത്യമായി അംഗീകരിക്കുന്നവൻ അനുവിധാവതി അവൻ എന്ത് സംഭവിക്കുന്നു അവൻ ആ ഭേദത്തെ പിന്തുടരുന്നു അവന് ഭേദുദ്ധി ഉണ്ടാകുന്നു സംസാരത്തിന് കാരണമാണ് അനുവർത്തിക്കുന്നു എന്ന് പറയുമ്പോൾ സംസാരത്തെ അവൻ അനുവർത്തിക്കുന്നു ശരീരഭേദമേവ പുനഃ പുനഃപ്രതിബദ്ധ്യത ഭേദബുദ്ധിയുള്ളവൻ ഭേദത്തെ പ്രാപിക്കുന്നു എന്ത് ഭേദത്തെയാണ് പ്രാപിക്കുന്നത് ഭിന്ന ഭിന്ന ശരീരങ്ങള് പ്രാപിക്കുന്നു എന്നുവെച്ചാൽ വീണ്ടും ജനന മരണങ്ങളെ പ്രാപിക്കുന്നു അതാണ് ശരീരഭേദമേവ പൃഥക് പുനഃ പുനഃ പ്രതിബദ്ധത വീണ്ടും വീണ്ടും അവൻ പ്രാപിക്കുന്നു സംസാരത്തെ പ്രാപിക്കുന്നു എന്നർത്ഥം ഒരു ഉദാഹരണമായിട്ടാണ് ഇവിടെ ജലത്തിന്റെ കാര്യം പറയുന്നത് ജലം പർവ്വതത്തിന്റെ മുകളിലേക്ക് പതിച്ചപ്പോൾ അത് ഏകമായിരുന്നു അതിന്റെ ആഗ്രഹത്തിൽ വീണപ്പോൾ ഒന്നായിരുന്നു പക്ഷെ അത് ചതറിപ്പോയി ഒന്നായിരുന്ന അത് ചതറി കഴിഞ്ഞപ്പോൾ അത് പലതായി പിന്നീടത് കാണാൻ ഇല്ലാതെ നശിച്ചു പോയി പരമാത്മാവ് ഏകമാണ് ആ ഏകമായിരിക്കുന്ന പരമാത്മാവിനെ ഏകത്വ ബുദ്ധി കൊണ്ട് ഗ്രഹിക്കേണ്ടാണ് ഏകത്വബോധമാണ് ഒരുവന് വേണ്ടത് ആ ഏകത്വബോധം ചെതറിപ്പോയാൽ പലതായി കഴിഞ്ഞാൽ അതവനെ നശിപ്പിക്കുന്നു ആ ബോധത്തെ ജീവനെ നശിപ്പിക്കുന്നു എങ്ങനെ നശിപ്പിക്കുന്നു ജീവന്റെ നാശം എന്ന് പറയുന്നത് എന്താണ് അത് ഇല്ലാതാകുകയല്ല നിത്യമായിരിക്കുന്നത് നശിക്കില്ല പിന്നെ അതിന്റെ നാശം എന്താണ് ആ പൃഥക്ോ ബോധമനുസരിച്ച് നാനാത്വബോധമനുസരിച്ച് നാനാ ശരീരങ്ങളെ സ്വീകരിക്കുന്നു സംസാരത്തിൽ തുടരുന്നു ആ ജീവന് മോക്ഷം അത് ലഭിക്കുന്നില്ല അതുകൊണ്ട് ഏകത്വ ദർശനം അതാണ് വേണ്ടത് നാനാത്വ ദർശനമല്ല നാനാത്വ ദർശനം പലതാണ് ജീവൻ പരമാത്മാവ് ആ ജ്ഞാനം സംസാരത്തിന് കാരണമാണ് ഏകത്വദർശനം മോക്ഷത്തിനും കാരണമാണ് അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഉദകദിഷ്ടാന്തം ഈ ജലത്തിന്റെ ദൃഷ്ടാന്തം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒന്ന് പലതായി കഴിയുമ്പോൾ നശിക്കുന്നു അതുപോലെ ബോധം ഏകമായിരുന്നാൽ അത് നശിക്കുന്നില്ല അത് പലതായി കഴിഞ്ഞാൽ നശിക്കുന്നു ഭേദജ്ഞാനം വന്നു കഴിഞ്ഞാൽ നശിക്കുന്നു ഏകത്വനാശം ഏകത്വത്തിനും നാശമില്ല ഏകത്വനാശം അങ്ങനെ ഒന്നില്ല അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മന്ത്രത്തിന് ദുർഗെ ഭം ഉദകം യഥാ ഉദകം ഇവിടെ സന്ധ്യ വന്നിരിക്കുകയാണ് യഥോദകം ആ ഓ വന്നിട്ട് ഓന്നു അതാണ് യഥോദകം യഥാ ഉദകം ൃഷ്ടം പർവതേഷു വിധാവതിരിക്കുന്നത് പശ്യൻ താൻ അതാണ് പശ്യം പശ്യൻ കാണുന്നവനായ അവൻ കാണുന്നവൻ ദുർഗെ ഭദകം ദുർഗം എന്ന് പറയുന്ന ഉദ്ദേശിക്കുന്നത് പർവ്വതാഗ്രം കടന്നെത്താൻ പ്രയാസമുള്ളത് അതാണ് ദുർഗം എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം പർവ്വതത്തിന്റെ ഉപരിഭാഗം ഇവിടെ കടന്നു ചെല്ലാൻ പ്രയാസമുള്ളതാണ് അതാണ് ദുർഗെ വൃഷ്ടം ആ ഉയരുന്ന ഭാഗത്ത് വർഷിക്കപ്പെട്ടതായ ഉദകം ജലം പർവ്വതേഷു ആ പർവ്വതം നിലനിൽക്കുന്ന ഭാഗം അതായത് എന്റെ താഴ്വാരം താഴ്വാരത്തിലെത്തി വിധാവതി അതിലേക്ക് ഓടി വന്ന് അതില്ലാതായിത്തീരുന്നു താഴേക്ക് ഒഴുകി വരുന്നു പലതായി ഒഴികോന്നില്ലാതായിത്തീരുന്നു ഇതുപോലെ പശ്യൻ ധർമ്മങ്ങളെ ആത്മധർമ്മങ്ങളെ ആത്മധർമ്മങ്ങളായിരിക്കുന്ന ഈ ജീവന്മാരെ പൃഥക് പശ്യൻ വേറെ വേറെ കാണുന്നവൻ താനേവ ആ ഭേദങ്ങളെ തന്നെ ധർമാൻ താൻ ആ നാനാത്വത്തെ തന്നെ അനുവിധാവതി പിന്തുടരുന്നു നാനാത്വം സംസാരം ആ സംസാരത്തിലേക്ക് തന്നെ അവൻ പതിക്കുന്നു അവൻ മുക്തി നേടാനാകുന്നില്ല എന്നാണ് മന്ത്രാർത്ഥം യഥോദം ദുർഗെ ഭ്രഷ്ടം പർവതേഷു വിധാവ പൃഥക് പശ്യൻ തേവാൻ വിധോദം ശുദ്ധേ ശുദ്ധ ആസം താദൃഗ്വതിർവിജാന അവസാനമന്ത്രമാണ് ഇതിന്റെ ആമുഖമായിട്ട് ഭാഷകാരൻ പറയുന്നത് വിദ്യാവസ്ഥ ഉപാധികൃതദർശന വിശുദ്ധ വിജ്ഞാനഘന ഏകരസം അദ്വയം ആത്മാനം പശ്യത് വിനേർ മനനശീല ആത്മസ്വരൂപം കഥം സംഭവതിർ വിദ്യാവത ജ്ഞാനിയായിട്ടുള്ളവൻ അഭേദജ്ഞാനമുള്ളവൻ ഇവിടെ പറഞ്ഞ വിധ്വസ്ത ഉപാധികൃത ഭേദദർശന ഉപാധികൃതമായ ഭേദദർശൻ ആത്മാവ് ഏകമാണ് പക്ഷേ ജീവൻ ഉണ്ടാകുന്ന ജ്ഞാനം അനേകജ്ഞാനമാണ് താൻ വേറെ അന്യൻ വേറെ എന്നുള്ള ജ്ഞാനമാണ് ഉണ്ടാകുന്നത് എന്തുകൊണ്ടങ്ങനെ ഒരു ജ്ഞാനമുണ്ടാകുന്നു ഏകമായ ആത്മാവ് എന്ന് പറയുന്ന കാരണമാണ് ഉപാധി മുഖ്യമായ ഉപാധി എന്താണ് അവിടുത്തെ അജ്ഞാനമാകുന്ന ഉപാധി അജ്ഞാനമാകുന്ന ഉപാധി അജ്ഞാനകൃതമായിരിക്കുന്ന ശരീര ഇന്ദ്രിയങ്ങൾ ഈ ഉപാധികൾ കൊണ്ടുള്ളതാണ് ഭേദം ഉപാധി നിമിത്തമായിട്ട് ഭേദ ദർശനം ഉണ്ടാകും അതുകൊണ്ടാണ് ഞാൻ വേറെയാണ് അന്യൻ വേറെയാണെന്ന് കരുതുന്നത് അതാണ് ഉപാധികൃത ഭേദദർശനസ് ആ ഉപാധികൃതമായ ഭേദദർശനത്തിന് വിധ്വസ്ത നാശ സംഭവിച്ച ഉപാധികൃതമായ ഭേദദർശനം നശിച്ചവൻ അദ്വൈത ബോധമുള്ളവൻ അതാണ് വിദ്യാവത വിദ്യവാൻ എങ്ങനെ അറിയുന്നു തന്നെ അവൻ്റെ ജ്ഞാനം എങ്ങനെയുള്ളതാണ് പറയുന്നു വിശുദ്ധ വിജ്ഞാനഘന ഏകരസം വിശുദ്ധ വിജ്ഞാനം ഈ ക്ഷണികമായി നശിച്ചുകൊണ്ടിരിക്കുന്ന അറിവല്ല ശുദ്ധമായ ഉപാധിരഹിതമായ വിജ്ഞാനം ആ വിജ്ഞാനഘനം ഏകരസം ആ അഖണ്ഡമായ വിജ്ഞാനം വിജ്ഞാനമാകുന്ന ഏകസ്വഭാവത്തോടുകൂടിയവൻ അദ്വയൻ ആത്മാനം െ പശ്യതഹ കാണുന്നവൻ തന്നെ അഖണ്ഡമായ വിജ്ഞാനസ്വരൂപമായി കാണുന്നവൻ അവനെയാണിവിടെ വിജാനത അറിയുന്നവനെന്ന് പറഞ്ഞിരിക്കുന്നു ആത്മബോധമുള്ളവൻ അങ്ങനെയുള്ള ആർക്കാണ് മുനേഹേ മുനിക്ക് മുനിയെന്ന് പറഞ്ഞാൽ എന്താർത്ഥം മനനശീലസ്യ മനനശീലമുള്ളവനാണ് മുനി ആത്മമനം ശീലമാക്കിയിട്ടുള്ളവൻ ഭേദദർശനത്തെ നശിപ്പിക്കുന്നത് ഈ മനനമാണ് അവനെ മനനം കൊണ്ട് ഭേദദർശനം നശിച്ചവൻ അവന്റെ ആത്മസ്വരൂപം അവൻ ആത്മസ്വരൂപത്തിലെത്തിച്ചേരുന്നത് അവന്റെ ആത്മസ്വരൂപം കഥം സംഭവം എങ്ങനെയാണ് സംഭവിക്കുന്നത് അവൻ എങ്ങനെ സത്യനിഷ്ഠനായിത്തീരുന്നു എങ്ങനെയിരിക്കുന്നു അതാണ് അടുത്ത മന്ത്രത്തിൽ പറയുന്നത് അടുത്ത ഭാഷത്തിൽ പറയുന്നത് യഥാ ശുദ്ധി പ്രസന്ന ശുദ്ധം പ്രസന്ന പ്രക്ഷിതം ഏകരസമവ്യാദൃവതി ആത്മാപ്യൂമേവതി ഏകത്വം വിജാനദ മുനേ മനനശീലസഹതമ ഉദാഹരണം പറയുകയാണെങ്കിൽ യഥായ പ്രകാരമാണ് ശുദ്ധേ പ്രസന്നേ ശുദ്ധമായ തെളിഞ്ഞ ജലത്തിൽ ഉദകം ശുദ്ധം പ്രസന്നം ആസിപ്തം പ്രക്ഷിപ്തം തെളിഞ്ഞ ജലത്തിലേക്ക് ശുദ്ധമായ തെളിഞ്ഞ ജലത്തെ പകർന്നു അതിലേക്ക് ഒഴിച്ചു അതിലേക്ക് പകർന്നു അങ്ങനെ പകർന്നുകഴിഞ്ഞാൽ ഏകരസമേവ ഒരേ രൂപത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ രണ്ടും ഒന്നായി തന്നെ ഇരിക്കുന്നു ശുദ്ധമായ ജലം ശുദ്ധമായ ജലത്തിനോട് ചേർന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഏകമായിരിക്കും അതുപോലെ നന്യത താതൃകേവഭൂതി അതുപോലെ തന്നെ സംഭവിക്കുന്നു ആത്മാവിമേവ ആത്മാവ് അങ്ങനെ തന്നെ സംഭവിക്കുന്നു ശുദ്ധമായ ജലത്തിലേക്ക് ശുദ്ധമായ ജലം കൂടിച്ചേരുമ്പോൾ അത് രണ്ടായിരിക്കുന്നില്ല അതിനെ വേർതിരിക്കാൻ കഴിയുന്നില്ല ഒന്ന് തന്നെയായിരിക്കുന്നു പിന്നീട് നേരത്തെ ഉണ്ടായിരുന്ന ശുദ്ധജലം ഏതാണ് രണ്ടാമത് ഒഴിച്ച ശുദ്ധജലം ഏതാണെന്ന് വേർതിരിക്കാൻ പറ്റും അത് കൂടിക്കലർന്ന് ഒന്നായിത്തീരുന്നു അതുപോലെ വേറെ വേറെയുള്ള ആത്മാക്കൾ ഭേദദർശനം കൊണ്ടാണ് വേറെ വേറെ ആത്മാക്കൾ വേറെ വേറെ നിൽക്കുന്നത് ജനം രണ്ട് സ്വഭാവത്തിനുള്ളതാണെങ്കിൽ ജനം രണ്ടും വേറെ വേറെ ഇരിക്കും അനുവർത്തിച്ചിട്ടെടുക്കാൻ പറ്റും ഇത് ഇന്ന സ്വഭാവമുള്ളതാണ് ഇത് ഇന്ന സ്വഭാവം ഉള്ളതാണ് ഏക സ്വഭാവമായി കഴിഞ്ഞാൽ വേറെ തിരിയുന്നില്ല അതുപോലെ ആ ഭേദ ദർശനം ഇല്ലാതായി കഴിഞ്ഞാൽ ശുദ്ധമായി കഴിഞ്ഞാൽ ബോധം ബോധം ശുദ്ധമായി കഴിഞ്ഞാൽ അവിടെ പിന്നെ രണ്ടില്ല രണ്ട് ആത്മാക്കളില്ല ാണ് താന്തൃകൈവോതി ആത്മാപ്പിമഭവതി ഇതുപോലെ തന്നെ സംഭവിക്കുന്നു താൻ ആർക്ക് വിജ്ഞാനിയായ മുനിക്ക് വിജാനതീല മനനശീലനായിരിക്കുന്ന മുനിക്ക് ഇത് തന്നെ സംഭവിക്കുന്നു അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് അന്യമായൊരു ആത്മാവ് തന്റെ ആത്മാവ് അങ്ങനെ രണ്ടാത്മാവോടെ നിലനിൽക്കുന്നില്ല ഹേ ഗൗതമ ഇതാണ് സത്യം എന്ന് പറയുകയാണ് എങ്ങനെയാണോ ഏകമായി തീരുന്നത് അയാളെ സംബന്ധിച്ച് ആ വിജാനത മനനശീലനായ മുനിയെ സംബന്ധിച്ചും തന്റെ മനസ്സിന്റെ മാലിന്യങ്ങളെല്ലാം നീങ്ങിക്കഴിഞ്ഞപ്പോൾ ഏകമായ ആത്മാവ് മാത്രം പിന്നെ താൻ വേറെ അന്യൻ വേറെ എന്ന് വേർതിരിക്കാൻ പറ്റുന്നില്ല അവിടെ ഭേദബുദ്ധി വരുന്നില്ല ഇതാണ് ഒരു മുനിയെ സംബന്ധിച്ച് സംഭവിക്കുന്നത് അതുകൊണ്ട് പറയുന്ന തസ്മാഅത് അതുകൊണ്ടെന്താണ് കുതാർക്കിക ഭേദദൃഷ്ടിം കുതാർക്കികന്മാരുടെ അതായത് തർക്കിക്കാൻ വേണ്ടി തർക്കിക്കുന്നവർ അവരുടെ ഭേദദൃഷ്ടിയെ ഉജിത്വ തിരിച്ചിട്ട് ആ ഭേദദൃഷ്ടിയെ വിടുക വെറുതെ തർക്കിച്ച് വാസ്തവം ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലും തർക്കിക്കുക ഭേദബുദ്ധിയെ ഉണ്ടാക്കുക അതിനെ വിട്ടിട്ട് അതുപോലെ തന്നെ നാസ്തിക കുദൃഷ്ടി നാസ്തികന്മാരുടെ കുദൃഷ്ടി കുമതി കുത്തിതബുദ്ധി ഇതിനൊന്നും ഒരിക്കലും അവർക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അങ്ങനെയുള്ള നാസ്തികന്മാരുടെ കുബുദ്ധി ഉപേക്ഷിച്ചിട്ട് ഉജിത്വ ഇത് രണ്ടും തിരിച്ചിട്ട് കാർക്കികന്മാരുടെ ബുദ്ധിയുണ്ട് നാസ്തികന്മാർക്കൊരു ബുദ്ധിയുണ്ട് തർക്കികന്മാരെന്ന് പറയുമ്പോൾ അവർ ആസ്തികരാണ് നാസ്തികരല്ല പക്ഷെ ആസ്തികരാണെങ്കിലും അവർ കുതർക്കത്തിൽ നിൽക്കുന്നവരാണ് അവരെത്രയെല്ലാം ബോധിപ്പിച്ചാലും അവർ പറയും ഈശ്വരന്മേരെ ജീവന്മേരെ തർക്കം കൊണ്ട് സമർത്ഥിക്കും ഈ ജീവൻ പലതാണ് പ്രതി ശരീരം ഭിന്നമാണ് ഓരോ ശരീരത്തിനും ജീവന്മാർ ഭിന്നമാണ് എന്നെല്ലാം തർക്കം കൊണ്ട് സമർത്ഥിക്കും ആസ്തികരായിട്ട് കൂടി നാസികനാണെങ്കിലോ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല ഇതെല്ലാം ഈ ബുദ്ധിയെല്ലാം ഉപേക്ഷിച്ചിട്ട് എന്തു ചെയ്യണം മാതൃ പിതൃ സഹസ്രേഭ്യോപി ഹിതേഷണ വേദന ഉപതിഷ്ഠം ആത്മീകത്വദർശനം ശാന്തദർപ്പേഹി ആദരണി ആദരണീയം പിന്നെ എന്തു ചെയ്യണം വേദേന ഉപദേഷ്ടും ആത്മീയത്വ ദർശനം വേദം ഉപദേശിച്ച് ഈ ആത്മീയത്വ ദർശനം ആ വേദം എങ്ങനെയുള്ളതാണ് ഹിതൈഷിയാണ് ഒരു ജീവന്റെ ഹിതത്തെ ഇച്ഛിക്കുന്നതാണ് ഇച്ഛിക്കുന്നതാണ് ആ വേദം അതാണ് ഹിതൈഷി എങ്ങനെ ഹിതത്തെ ഇച്ഛിക്കുന്നു ഒരു ജീവന്റെ ഹിതത്തെ എങ്ങനെ ഇച്ഛിക്കുന്നു പറയുന്നു മാതൃ പിതൃ സഹസ്രഭ്യോപി അധികം എന്നർത്ഥം ആയിരം മാതാപിതാക്കളെക്കാളും ഒരു ജീവന്റെ ഹിതത്തെ പൊതുവെ ഇച്ഛിക്കുന്നത് മാതാപിതാക്കളാണ് പുത്രരുടെ ഹിതത്തെ ഇച്ഛിക്കുന്നത് അവർക്ക് നന്മ വരണമെന്ന് എല്ലാ നന്മയും വരണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പൊ അത് ഒരുവരെ സംബന്ധിച്ച് ഒരു മാതാവും ഒരു പിതാവും അതാണ് ആഗ്രഹിക്കുന്നത് ഉളിപ്പറയുന്നത് അങ്ങനെയല്ല സഹസ്രം മാതാപിതാക്കൾ അനന്ത മാതാപിതാക്കൾക്കാൾ തന്റെ പുത്രനോ പുത്രിയ്ക്കോ നന്മ വരണോ എന്നാഗ്രഹിക്കുന്നതാണ് വേദം അതിനേക്കാൾ വലിയ സ്ഥാനമാണ് മാതാപിതാക്കളുടെ ഹിതേഷും ആഗ്രഹത്തിനും സ്വാർത്ഥത വരാം ജീവന്റെതായ ദോഷങ്ങളെല്ലാം വരാം പക്ഷെ വേദത്തിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ദോഷങ്ങളൊന്നുമില്ല വേദം എത്രയോ അതിനും എത്രയോ മടങ്ങാണ് ഒരു ജീവന്റെ നന്മയെ ഹിതത്തെ ആഗ്രഹിക്കുന്നത് മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ഹിതമാണ് സന്താനങ്ങളുടെ ഹിതമാണെന്ന് ധരിക്കും അപ്പൊ തങ്ങളുടെ ഹിതം എന്താണെന്നുള്ളത് അറിവില്ലാത്തവരാണെങ്കിൽ അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല അപ്പൊ തങ്ങൾ ഹിതം ഇന്നതാണെന്ന് തെറ്റിദ്ധരിച്ചു കഴിഞ്ഞാൽ അത് തന്നെ മക്കളുടെയും ഹിതമായിരിക്കണമെന്ന് അവരാഗ്രഹിച്ചു എന്തുകൊണ്ട് അജ്ഞാനം അജ്ഞാനത്തിന് അടിപ്പെട്ടിരിക്കുകയാണ് വാജ്ഞാനത്തിന് അധീനരായി നിന്നുകൊണ്ടാണ് മക്കളുടെ ഹിതത്തെ അവരാഗ്രഹിക്കുന്നത് അതുകൊണ്ട് മക്കളുടെ വാസ്തവമായ ഹിതം എന്താണ് എന്നറിയാതെ മാതാപിതാക്കൾ അവരുടെ ഹിതത്തെ ആഗ്രഹിച്ചെന്ന് വരാം അങ്ങനെയാണ് സാധാരണ ആഗ്രഹിക്കുന്നത് എന്താണ് അവരുടെ ഹിതം എന്ന് മാതാപിതാക്കൾക്ക് അറിയാൻ പറ്റുന്നില്ല എന്നാലും അവർ ആഗ്രഹിക്കുന്നുണ്ട് അജ്ഞാനം കൊണ്ടാണെങ്കിലും ആഗ്രഹിക്കുന്ന എപ്പോഴും എന്തായിരിക്കും മക്കളുടെ ഹിതത്തെ ആയിരിക്കും അവരാഗ്രഹിക്കുന്നത് അതേസമയം വേദം അതുപോലെയല്ല അത് ജ്ഞാന പ്രകാശമാണ് ജ്ഞാനത്തെയാണ് അത് വെളിപ്പെടുത്തുന്നത് അല്ല അജ്ഞാനം ഇല്ല അജ്ഞതയില്ല അതുകൊണ്ട് യഥാർത്ഥമായ ഹിതം എന്താണ് മക്കളുടെ യഥാർത്ഥമായ ഹിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനാഗ്രഹിക്കുന്നതാണ് വേദം അങ്ങനെയുള്ള വേദം ഉപദേശിച്ചിരിക്കുന്നതാണ് ഇവിടെ പറയുന്ന ആത്മ ഏകത്വദർശനം ആത്മബോധം എന്ന് പറഞ്ഞാൽ പോരാ ആത്മാവിന്റെ ഏകത്വബോധം ആത്മാവ് അനന്തമാണ് അത് വേറെയാണെന്ന് പറയുന്ന താർക്കികനുമുണ്ട് ആത്മബോധം ശരീരത്തിൽ നിന്ന് വേറിട്ടൊരാത്മാവില്ല എന്ന് പറയുന്ന നാസ്തികനുമുണ്ട് ആത്മബോധം അത്തരം ആത്മബോധങ്ങളൊന്നും പോരാ നാസ്തികന് ശരീരത്തിൽ തന്നെ ആത്മാവായി കാണുന്നതാണ് നാസ്തികന്റെ ആത്മബോധം ഓരോ ശരീരത്തിനും ഓരോ ആത്മാവുണ്ട് അത് ഈശ്വരൻ നിന്ന് വേറെയാണെന്ന് കാണുന്നു അതാണ് താർക്കികന്റെ ആത്മബോധം ഇപ്പൊ ഇത്തരം ആത്മബോധങ്ങളൊന്നും പോരാ മറിച്ച് ആത്മ ഏകത്വ ദർശനം വേണം സർവശരീരങ്ങളിലും ഒരാത്മാവ് തന്നെ ആത്മാവ് പരമാത്മാവിൽ നിന്ന് അന്യമല്ല എന്നുള്ള ബോധം ഈ ആത്മദർശനം എന്താണ് ശാന്തദർപ്പേഹി ദർപ്പങ്ങളെല്ലാം അഹന്തകളെല്ലാം ഒടുങ്ങിയവർ ശമിച്ചവർ ആദരണീയം അത് സ്വീകരിക്കേണ്ടതാണ് അത് സ്വീകരിക്കണമെന്നർത്ഥം അത് അവനവന്റെ അഹന്തകൊണ്ട് അതല്ല വേദം ബോധിപ്പിക്കുന്നതല്ല എനിക്ക് തോന്നുന്നതാണ് ശരി ഞാൻ ധരിച്ചിരിക്കുന്നതാണ് ശരി എന്നുവരെ തർക്കിക്കുന്ന തർക്കികന്മാരും നാസ്തികന്മാരും ശാന്തദർപ്പന്മാരല്ല അവരുടെ ദർപ്പം അഹന്ത ശമിച്ചിട്ടില്ല അതെല്ലാം ശമിച്ചവർ ഇത് സ്വീകരിക്കണം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് വേദം ഉപദേശിക്കുന്നുണ്ട് തന്നെ ഒരാൾ അത് സ്വീകരിക്കണമെന്നില്ല അവന്റെ ദർപ്പം അഹന്ത അത് ശമിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കത്തില്ല അതുകൊണ്ട് അത് സ്വീകരിക്കുന്നതിന് തടസ്സമായിരിക്കുന്ന ആ അഹന്ത അത് നശിച്ചവർ ഇതിനെ ആദരിക്കണം സ്വീകരിക്കണം എന്നാണ് ശ്രുതി പറയുന്നതിന്റെ താല്പര്യം ഇവം മുനേർ വിജാനത ഗോതമ ഇങ്ങനെ വിജാനത മുനേഹി വിജ്ഞാനവാനായ മുനിയുടെ ആത്മാവ് ഈ തരത്തിലാകുന്നു ശുദ്ധം ശുദ്ധത്തിനോട് ചേർന്ന് ഏകമാകുന്നതുപോലെ എല്ലാ ജീവന്മാരും പരമാത്മാവും മുനിക്ക് ഏകമായി തീരുന്നു എന്നാണ് പതിനഞ്ചാമത്തെ മന്ത്രത്തിന്റെ താല്പര്യം അതിനർത്ഥം യഥാ आत्मा, യഥാമാണോ <coughs> ശുദ്ധേ ആസിക്തം ശുദ്ധം ഉദകം താതൃകേവതി ഒഴിച്ചതായ ശുദ്ധം ഉദകം ശുദ്ധമായ ജലം ശുദ്ധമായി തന്നെ ഒന്നായി തന്നെയിരിക്കുന്നത് ഇപ്രകാരം വിജാനത മുനേ വിജ്ഞാനവാനായ മുനിയുടെ ആത്മാഭവതി ആത്മാരുന്നു ആത്മാ ഏവംഭവതി ആത്മാവിപ്രകാരമായി തീരുന്നു ഭേദ ദർശനങ്ങളെല്ലാം ഒടുങ്ങി ശാന്തമായി ശുദ്ധമായി തീരുന്നു അതാണ് ഏകത്വ വിജ്ഞാനത്തിന്റെ ഫലം എന്ന് ശ്രുതി നിർദ്ദേശിച്ചുകൊണ്ട് ആദ്യാവളെ അവസാനിക്കുകയാണ് അടുത്ത ദ്വിതീയവല്ലി ദ്വിതീയവല്ലിയുടെ ആമുഖമായിട്ട് ഭാഷകാരൻ പറയുന്നു പുനരഭി പ്രകാരാന്തരേണ ബ്രഹ്മതത്വ നിർദ്ധാരണാർത്ഥവും ആരംഭവും ദുർവിജ്ഞേയത്വ ബ്രഹ്മു പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത് എന്തിനത് വീണ്ടും ആവർത്തിച്ചു പറയുന്നു ഒരേ തത്വത്തെ തന്നെ പറയുന്നു ദുർവിജ്ഞേയത്വ ഇത്രയും പറഞ്ഞിട്ടും മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ വീണ്ടും പറയേണ്ടി വരുന്നു പലതവണ ഇതിന് ആവർത്തിക്കേണ്ടി വരുന്നു ദുർവിജ്ഞേയമാണിത് ഗ്രഹിക്കുന്നതിന് പ്രയാസമേറിയതാണ് അതുകൊണ്ട് ബ്രഹ്മണ ദുർവിജ്ഞേയത്വ ബ്രഹ്മം ദുർവിജ്ഞേയമാണ് അതുകൊണ്ട് പുനരവി വീണ്ടും പ്രകാരാന്തരേണ മറ്റൊരു പ്രകാരത്തിൽ മറ്റു രീതിയിൽ ബ്രഹ്മതത്വ നിർദ്ധാരണാർത്ഥ ബ്രഹ്മതത്വത്തെ നിർദ്ധാരണം ചെയ്യുന്നതിന് വേണ്ടി നിശ്ചയിക്കുന്നതിന് വേണ്ടി ഇന്നതാണ് ബ്രഹ്മതത്വം എന്നുള്ളത് നിശ്ചയിക്കുന്നതിനു വേണ്ടി അയം ആരംഭ അതിനുവേണ്ടിയിട്ടാണ് ഈ പരിശ്രമം വീണ്ടും വീണ്ടും തുടങ്ങിയിരിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് എന്നർത്ഥം എന്ന് പറഞ്ഞാൽ ഇത് ദുർവിജ്ഞയമാണ് എന്ന് കരുതി ഇതിനെ ഉപേക്ഷിക്കാൻ പാടില്ല ഇതിൽ പിന്മാറാൻ പാടില്ല നിരന്തരം പ്രവർത്തിച്ചു ഒരു രീതിയിൽ ഇതിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശ്രമിക്കുക അതിന് കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ശ്രമിക്കുക അങ്ങനെ പല രീതിയിലും നിരന്തരം ഇതിനെ മനസ്സിലാക്കുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ ശ്രമിക്കുന്നതിന് വേണ്ടി ശ്രുതി ആ ജീവന്മാരെ വിഭിന്ന അധികാരികളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രുതി മറ്റു രീതിയിൽ ഇനി അടുത്ത് പറയുന്ന ഒന്നാണ് മന്ത്രങ്ങൾ പുരം ഏകാദശം അജസ്യാവക്രചേതസഹ അനുഷ്ഠായ ശരീരത്തെ ഒരു പുരത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഒരു കോട്ടയോട് വാസോദിനതൊരു പുരമല്ല അതുകൊണ്ട് പറയുന്നത് പുരം ഈ വരു കോട്ട പോലെയാണ് അതുകൊണ്ട് ഇതിനെ പുരം എന്ന് വിളിച്ചു എന്താണ് ഇതിന്റെ സമാനത ഒരു ശരീരവുമായിട്ട് പറയുന്നത് ദ്വാരപാലിഷ്ട ആദി അനേക പുര ഉപകരണ സമ്പത്തി ദർശനാദി ശരീരം പുരം ഒരു പുരത്തിൽ ഒരു പുരമെന്ന് പറയുമ്പോൾ നാല് ചുറ്റും മതിന് കെട്ടി അതിന്റെ ഉള്ളിൽ സംരക്ഷിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു രാജ്യം അതാണ് ഇവിടെ പുരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നു അതിന്റെ പ്രത്യേകതയുള്ള എന്തായിരിക്കും ദ്വാരപാലാദി ദ്വാരപാല അധിഷ്ഠാത്രാദി അനേക പുര ഉപകരണ സമ്പത്തി ദർശന അങ്ങനെയുള്ള ഒരു ചെറിയ പുരത്തിൽ ദ്വാരപാലന്മാർ കാണും അനേകം ദ്വാരങ്ങൾ കാണും വാതിലുകൾ ദ്വാരം അതിനെ പാലിക്കുന്നവർ അതിന്റെ കാവൽക്കാരാണ് ദ്വാരപാലന്മാര് അധിഷ്ഠാത്ർ ഇതിനെല്ലാം യജമാനായിട്ടൊരാൾ കാണും ഈ ദ്വാരപാലന്മാരെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരാള് അധിഷ്ഠാതാവ് എന്ന് പറയുന്നതാണ് അതിനെ നിയന്ത്രിക്കുന്ന ഒരാൾ ആദ്യ അനേക പുരോപകരണം സമ്പത്തി ഇതിനെല്ലാം പുരോപകരണങ്ങൾ എന്ന് പറയുന്നു ഈ പുരത്തെ നിലനിർത്തിക്കൊണ്ടുപോകുന്ന വ്യക്തികൾ വസ്തുക്കൾ കാര്യങ്ങൾ ഇതാണ് പുരോപകരണങ്ങൾ അനേക പുരോപകരണ സമ്പത്തി പുരോപകരണങ്ങൾ ദർശന കാണുന്നുണ്ട് അതുകൊണ്ട് ഈ ശരീരവും ഒരു പുരമാണ് ഇവിടെ ദ്വാരപാലകന്മാരുണ്ട് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ആൾക്കാരുണ്ട് ഇവരെല്ലാം കൂടി ചെയ്യുന്ന അനേകം പ്രവൃത്തികളുണ്ട് ഇങ്ങനെ പലതുമുണ്ട് അതുകൊണ്ട് ശരീരം പുരമാണ് പുരഞ്ജസ്വ ഉപകരണം സ്വാത്മന അസംഹത സ്വതന്ത്ര സ്വാമ്യർത്ഥം ദൃഷ്ടം പുരം അതിന്റെ പ്രത്യേകത എന്താണ് കോട്ടകെട്ടി സംരക്ഷണം ചെയ്യുന്ന ചെറിയൊരു നഗരി അതിന്റെ വിശേഷത എന്താണ് സ്വോപകരണം അതിൽ പല ഉപകരണങ്ങളുണ്ട് ഉപകരണമെന്ന് പറഞ്ഞാൽ അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി അതിന് സംഘടിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ദ്വാരപാലകന്മാർ അവരുടെ നേതാവ് വാദലുകൾ തുടങ്ങി പലതും ഉപകരണം അത് ഉപകരണത്തോടു കൂടിയതാണ് സ്വാത്മന അസംഹത സ്വതന്ത്ര സൗമ്യർത്ഥം എപ്പോഴും ഒരു കോട്ട കണ്ടുകഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ഈ കോട്ട കെട്ടി ഇതിന്റെ അകത്ത് ഇതിന്റെ എല്ലാം യജമാനായി ഒരാളിരുപ്പുണ്ട് അയാൾ ഇതിൽ നിന്നെല്ലാം വേറിട്ട് സ്വതന്ത്രനായിരിക്കുകയാണ് മറ്റാർക്കോ വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഏതോ ഒരു രാജാവിന് വേണ്ടിയിട്ടാണ് ഈ കോട്ട കെട്ടിയിരിക്കുന്നത് ആ രാജാവ് സ്വതന്ത്രനായ ഒരു രാജാവ് ഇതിനെല്ലാം അധിപനായൊരു രാജാവ് എന്ന് നമുക്ക് കോട്ട കാണുമ്പോൾ മനസ്സിലാകാം അത് സ്വാത്മന അസംഹതം എന്നാണ് ആ കോട്ടയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന അസംഹതമായിരിക്കുന്ന സ്വതന്ത്ര സ്വതന്ത്രനായ ഒരു സ്വാമി ഒരു യജമാനൻ ഒരു രാജാവ് തർത്ഥം ആ രാജാവിന് വേണ്ടിയിട്ടാണ് പുരം എന്നുള്ളത് ദൃഷ്ടാന് നമ്മൾ ഈ ലോകത്ത് കാണുന്നുണ്ട് ഒരു വീട് ഒരു സ്ഥലത്ത് വച്ചിരിക്കുന്നതാണ്ടാ മനസ്സിലാക്കാം ആ വീട്ടിൽ നിന്നും വേറിട്ട് ആ വീട്ടിൽ നിന്ന് സ്വതന്ത്രനായി ഏതോ ഒരു ഉടമസ്ഥന് വേണ്ടിയിട്ടാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് ആ ഉടമസ്ഥൻ വീടിന്റെ ഭാഗമല്ല അതാണ് അസംവഹതൻ എന്ന് പറഞ്ഞത് ആ വീട് നശിക്കുമ്പോൾ ഉടമസ്ഥൻ നശിക്കണമെന്നില്ല അതുകൊണ്ടാണ് സ്വതന്ത്രൻ എന്ന് പറഞ്ഞത് അപ്പോ എപ്പോഴും വീടിൽ നിന്ന് വേറിട്ട് വീടിന്റെ ഭാഗമല്ലാതെ നിൽക്കുന്ന ഒരു യജമാനന് വേണ്ടിയാണ് ആ വീട് നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ ഈ ശരീരമാകുന്ന കോട്ട നിർമ്മിച്ചിരിക്കുന്നതും ഈ ശരീരത്തോട് ചേരാത്തതും എന്നാൽ ശരീരത്തിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായി നിൽക്കാൻ കഴിവുള്ളതുമായ ഒരു യജമാനു വേണ്ടിയിട്ടാണ് അതാണ് ആത്മാവ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ലോകത്തിനും അങ്ങനെ കാണുന്നുണ്ട് സംഖ്യന്മാരുടെ വലിയൊരു യുക്തിയാണ് സംഘാത പരാർത്ഥത്വ ലോകത്ത് എവിടെയെങ്കിലും രണ്ട് വസ്തുക്കൾ കൂടിച്ചേരുന്നതായി കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന്റെ പേരിൽ അതിന്റെ പിന്നൽ ആ കൂടിച്ചേർന്ന വസ്തുവിൽ നിന്നും വേറിട്ട് ആ കൂടിച്ചേർന്ന വസ്തുവിനെ അനുഭവിക്കുന്നവനായ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവനായ ഒരുവനുണ്ടായിരിക്കണം ഇത് പ്രപഞ്ചത്തിലെ ഒരു നിയമമാണ് എവിടെയാണോ സംഘാതം വരുന്നത് അവിടെ പരാർത്ഥത്വം വരും അത് അന്യമായ ഒന്നിനു വേണ്ടിയായിരിക്കും ആ വ്യക്തിയാണ് കൂടിയും പ്രയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് എവിടെ രണ്ട് വസ്തുക്കൾ കൂടിച്ചേർന്നതായി കാണുന്നുണ്ടോ അവിടെ അതിൽ നിന്നും വേറിട്ട് സ്വതന്ത്രനായ ഒരു സ്വാമി ഒരു യജമാനൻ അതിനുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ പലതും കൂടിച്ചേർന്നിരിക്കുന്ന ഈ ശരീരം ഈ ശരീരത്തിൽ നിന്ന് വേറിട്ട് ഈ ശരീരത്തെ അനുഭവിക്കുന്നവനായ അല്ലെങ്കിൽ ഈ ശരീരത്തെ ഉപയോഗിക്കുന്നവനായ ഒരു ശരീര സ്വാമി ഒരു ജീവൻ ഉണ്ടായിരിക്കണം അതിനാണ് ജീവാത്മാവ് എന്ന് പറയുന്നത് ശരീരി എന്ന് പറയുന്നത് ശരീരത്തിൽ നിന്ന് വേറിട്ട ഒരു ശരീരി ഉണ്ടായിരിക്കണം ദേഹത്ത് നിന്ന് വേറിട്ട ഒരു ദേഹി ഉണ്ടായിരിക്കണം എന്നാണ് അതാണ് സ്വോപകരണം ഈ ഉപകരണങ്ങളെല്ലോടെല്ലാം കൂടി സ്വാത്മന അസംഹത സ്വതന്ത്രം സ്വാത്മാ സ്വസ്വരൂപം എന്ന് വെച്ചാൽ പുരം അതാണ് ഇവിടെ സ്വാത്മ എന്ന് പറഞ്ഞിരിക്കുന്നത് അതിനോട് അസംഹതമായ കൂടിച്ചേരാത്തതായ സ്വതന്ത്രമായ ദൃഷ്ടം പുരസാമാന അനേക ഉപകരണ സംഹതം ശരീരം സ്വാത്മന രാജസ്ഥ സാമാന്യാ ഇതും പുരം പോലെയാണ് ഇത് കോട്ടകെട്ടി സംരക്ഷിച്ചിരിക്കുന്ന ഒരു നഗരി പോലെയാണ് അതുകൊണ്ട് പുരസാമാന്യാ പുരത്തിന് തുല്യമായിരിക്കുന്നുണ്ട് അനേക ഉപകരണ സംഹതം ഇതും അനേക ഉപകരണങ്ങളോടുകൂടിയതാണ് അനേകം വാതിലുകൾ ആ വാതിലുകളിൽ കാവൽക്കാർ എന്നുള്ളതുപോലെ ഈ ശരീരം ഈ ശരീരവും അനേക ഉപകരണങ്ങളോടുകൂടി ചേർന്നതാണ് സ്വാത്മന അസംഹത ഇതിനോടൊന്നും കൂടിച്ചേരാത്ത ഒരുവൻ അസംഹതനായിരിക്കുന്ന രാജസ്ഥാനീയ പുരത്തിൽ എങ്ങനെയാണ് ഒരു രാജാവിരിക്കുന്നത് അതുപോലെ ഉള്ള സ്വാമ്യർത്ഥം ഒരു സ്വാമിക്ക് വേണ്ടിയാണ് ഒരു രാജാവിന് വേണ്ടിയിട്ടാണ് ഒരു യജമാനു വേണ്ടിയിട്ടാണ് ആ പുരം നിർമ്മിച്ചത് അതുപോലെ ഒരു യജമാനു വേണ്ടി ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നതാണ് ഭവതമൃക്തി അങ്ങനെ ആകണം ആയിത്തീർന്നു അപ്പൊ മറ്റേതോ ഒരു യജമാനു വേണ്ടിയാണ് ഈ ശരീരത്തെ നിർമ്മിച്ചിരിക്കുന്നത് എന്നർത്ഥം തച്ച ഇതം ശരീരാഖ്യം സപ്ത ശീർഷണ്യാഭ്യ സഹ അർവാചി ത്രീണി ശിരസി അങ്ങനെയുള്ള ഈ പുരം ആകുന്ന ഈ ശരീരം ഏകാദശങ്ങളോടുകൂടിയതാണ് ഏകാദശ പ്രവേശന കവാടങ്ങളോടു കൂടിയാണ് വാതിലുകളോടുകൂടിയതാണ് എന്നർത്ഥം ഏകാദശം ഏകാദശി അസ്യ ഈ ശരീരമാകുന്ന പുരത്തിനും ഏകാദശാരങ്ങളുണ്ട് പതിനൊന്ന് ദ്വാരങ്ങളുണ്ട് ഏതൊക്കെയാണ് സപ്ത ശീർഷണ്യാനി ശീർഷ ശിരസ് ശീർഷണ്യം ശിരസിൽ വർദ്ധിക്കുന്നത് തലയിൽ ഏഴ് ദ്വാരങ്ങളുണ്ട് കണ്ണ് രണ്ട് മൂക്ക് രണ്ട് ചെവി രണ്ട് വായ് അങ്ങനെ ഏഴ് ദ്വാരങ്ങൾ ശിരസിലുണ്ട് നാഭ്യാസ അർവാഞ്ചി ത്രീണി നാഭി പൊക്കൾ അതിനോടൊപ്പം അർവാഞ്ചിത്രേണി താഴെ മൂന്ന് ദ്വാരങ്ങളുണ്ട് വിസർജന ദ്വാരങ്ങൾ രണ്ട് നാഭി ഒന്ന് അങ്ങനെ മൂന്ന് ദ്വാരങ്ങൾ താഴെ ത്രീണി ഇനി ഒന്നുകൂടി പത്തായി ശിരസി അങ്ങനെ ശിരസിൽ ഒന്നുകൂടി ചേരുമ്പോ പതിനൊന്ന് പുരം അങ്ങനെയുള്ള ഏകാദശദ്വാരത്തോടുകൂടിയതാണ് ശരീരമാകുന്ന ഈ പുരം എന്നർത്ഥം ഇതാരുടെ ഇവിടെ ആരാണ് താമസിക്കുന്നത് ആരാണ് ഈ കോട്ടയ്ക്ക് ഉടമസ്ഥനായിരിക്കുന്നത് അജസ്യഹിത രാജസ്ഥാനീയ പുരധർമ്മ ആരുടേതാണ് ഈ പുരം പറയുന്നു അജസ്യ ഇത് അജന്റെതാണ് പുരം ഏകാദശം അജസ്യ അജൻ എന്ന് പറഞ്ഞ എന്താണ് ജന്മാതി വിക്രിയരഹിത ജന്മം ജര തുടങ്ങിയ വികാരങ്ങളൊന്നുമില്ലാത്തവൻ എന്നുവെച്ചാൽ ആ വികാരങ്ങളെല്ലായി പുരത്തിനാണ് വികാരങ്ങൾ പുരസ്വാമിക്കല്ല ആത്മനഹ അതാണ് ആത്മാവ് രാജസ്ഥാനീയ സ്യ പുരത്തിന്റെ രാജാവിന് സവനാണ് ഈ ശരീരത്തിന്റെ രാജാവും പുരധർമ്മവില ഈ പുരധർമ്മങ്ങളിൽ നിന്നെല്ലാം ഭിന്നനാണ് വിലക്ഷണനാണ് വിലക്ഷണമാണ് ഭിന്നൂപത്തോടുകൂടിയവനാണ് പുരധർമ്മങ്ങളൊന്നും അവനിലില്ല പുരസ്വാമിയിലില്ല അതാണ് അജസ്യ അടുത്ത് അതിനെ തന്നെ വിശേഷിപ്പിക്കുന്ന മന്ദിരത്തിൽ അവക്രചേതസഹ അവക്രചേതസഹ അവക്രം അകുടിലം ആദിത്യപ്രകാശവ നിത്യമേവ अवस्थितम। അവക്രമാണ് എന്നുവെച്ചാൽ എന്താണ് അകുടിലമാണ് അപുടിലമായ തേജസ്സോടുകൂടിയതാണ് അത് പറയുന്നു ആദിത്യപ്രകാശവ്യന്റെ പ്രകാശത്തെ പോലെ നിത്യമേവസ്ഥിതം നിത്യമായ അത് എന്ന് വിശദീകരിക്കുന്ന ഏകരൂപം ഏകരൂപമായ ചേത വിജ്ഞാനം അസ്യ അങ്ങനെയുള്ള വിജ്ഞാനത്തോടുകൂടിയവനാണ് ഏകമായ നിത്യമായ വിജ്ഞാനത്തോടുകൂടിയവനാണ് ഈ പുരസ്വാമി അവക്രചേത അതുകൊണ്ടാണ് ഇവന് അവക്രചേത എന്ന് പറഞ്ഞത് ഒരു തരത്തിലും ന്യൂനതയില്ലാത്ത ശുദ്ധമായ പുരത്തിലെ രാജാവിന് തുല്യനാണിവൻ ബ്രഹ്മണ അങ്ങനെയുള്ള പരബ്രഹ്മമാണ് ഈ ശരീരത്തിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നത് യശീദം പുരം തം പരമേശ്വരം പുരസ്വാമിനം അനുഷ്ഠായ ധ്യാനം ഹി തസ്യനുഷ്ഠാനം ആരുടേതാണ് ഈ ശരീരം ഈ ശരീരത്തെ കുറിച്ചെല്ലാം ചിന്തിക്കേണ്ടത് ശരീരത്തിന്റെ യജമാനെ കുറിച്ചാണ് ഈ ശരീരത്തിലെ രാജാവിനെ കുറിച്ചാണ് ഈ പുരത്തിന്റെ പരമേശ്വരൻ ആ പരമേശ്വരനെ കുറിച്ച് പുരസ്വാമിനം ആ പുരസ്വാമിയെ അനുഷ്ഠായെ അനുഷ്ഠായ എന്ന് പറഞ്ഞ യന്താർത്ഥം ധ്യാത്വ ധ്യാനിച്ചിട്ട് ആ പുരസ്വാമിയെങ്ങനെ ധ്യാനിക്കണം ധ്യാനം ഹി അനുഷ്ഠാനം ഈ പുരസ്വാമിയെ സംബന്ധിച്ച അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താണ് ഈ പുരസ്വാമിയെ ധ്യാനിക്കുക എങ്ങനെ ധ്യാനിക്കണം എങ്ങനെങ്ങനെ ധ്യാനിച്ച പോരാ സമ്യക് വിജ്ഞാനപൂർവം സമ്യക് വിജ്ഞാനത്തോടുകൂടി ശരിയായ അറിവോടുകൂടി ധ്യാനിക്കുന്നു ഇതിന്റെ ഏകത്വബോധത്തോടുകൂടി അഭേദബോധത്തോടുകൂടി ഈ പുരസ്വാമിയെ ധ്യാനിക്കണം അപ്പൊ ധ്യാനിക്കുന്നു എന്തെങ്കിലും ധ്യാനിച്ചാൽ പോരാ ഭേദബുദ്ധിയോടുകൂടി ഏതെങ്കിലും ദേവതയെ ധ്യാനിച്ചാൽ അത് ശരിയാകത്തില്ല അത് പോരാ ഇവിടെ സമ്യക് വിജ്ഞാനത്തോടുകൂടി സമയക് വിജ്ഞാനം എന്ന് പറയുന്ന ഏകത്വ വിജ്ഞാനം ഏകത്വ വിജ്ഞാനത്തോടു കൂടി ഇപ്പുരസ്വാമിയേ ഈശരീരത്തിന്റെ ഈശ്വരണേ ധ്യകണ തൻ സമംഭൂതം ധ്യൂ നോചതികണമേണവിനർമുക്ൻ സർവയേഷണകളിൽ നിന്നും മുക്തനായി ധ്യാനിക്കുന്നു അതാണ് നേരത്തെ പറഞ്ഞ് സമ്യക് വിജ്ഞാനപൂർവ്വം ഏഷണകൾ ആഗ്രഹങ്ങൾ മനസ്സിലിരുന്നു കഴിഞ്ഞാൽ സമ്യക് വിജ്ഞാനം ഉള്ളിലുണ്ടാകത്തില്ല സമ്യക് വിജ്ഞാനത്തോടുകൂടി ധ്യാനിക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഈ ഏഷണകളിൽ നിന്നെല്ലാം മുക്തനായി ആഗ്രഹങ്ങളിൽ നിന്നെല്ലാം നേരത്തെ പറഞ്ഞു ലോകേഷണ ധാരേഷണ വിത്തേഷണ ഈ ഏഷണകളിൽ നിന്നെല്ലാം മുക്തനായി സമം സർവഭൂതസ്ഥം ആ പുരുഷനെ സമനായി സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നവനായി ധ്യാത്വ അങ്ങനെ ധ്യാനിക്കണം സർവപ്രാണികളിലും അവൻ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ധ്യാനിച്ചാൽ ന ശോചതി അവന് പിന്നെ ശോകമില്ല തദ്വിജ്ഞാനഭയപ്രാപ്തി ആ വിജ്ഞാനം കൊണ്ട് അവൻ അഭയത്തെ പ്രാപിക്കുന്നു അവൻ അഭയനിഷ്ഠനായിത്തീരുന്നു ശോകരഹിതനായിത്തീരുന്നത് ഭയരഹിതനാവുമ്പോഴാണ് ശോക അവസര അഭാവ് ദുഃഖത്തിന് കാരണം മുഖ്യമായി ഭയമാണ് ആ ഭയം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ശോകത്തിനുള്ള അവസരമില്ല ശോകത്തിലുള്ള കാരണങ്ങൾ നിമിത്തങ്ങളില്ല കൊതോ ഭയ പിന്നെ എങ്ങനെ ഭയ ഈച്ഛ ഭയദർശനം എങ്ങനെയുണ്ടാവും ഭയ എന്നുള്ള അനുഭവം ബോധം അവനെങ്ങനെ ഉണ്ടാവും ഉണ്ടാകത്തില്ല എന്നർത്ഥം ഭയയിക്ഷ ഭയബോധം അതുണ്ടാവുന്നില്ല ഇഹൈവ അവിദ്യാകൃത കാമകർമ്മി വിമുക്തോതി അവനെന്ത് ചെയ്യുന്നു ഇഹൈവ ഇവിടെ തന്നെ ഈ ശരീരത്തിലിരുന്നുകൊണ്ട് തന്നെ ഈ പുരത്തിലിരുന്നുകൊണ്ട് തന്നെ എന്നർത്ഥം മരണശേഷമല്ല അവൻ ഈ പുരത്തിലിരിക്കുകയെന്ന ഭയമില്ലാത്തവനായിത്തീരുന്നു അവിദ്യാകൃത കാമകർമ്മബന്ധനേഹി അവിദ്യാകൃതമായ ബന്ധനങ്ങൾ സംസാര ബന്ധനങ്ങൾ ജനന മരണരൂപത്തിലുള്ള ബന്ധനമാണ് കാമകർമ്മബന്ധനം ആ ബന്ധനങ്ങളിൽ നിന്നെല്ലാം വിമുക്തോഭൂതി അവൻ വിമുക്തനായി തീരുന്നു അതുകഴിഞ്ഞിട്ട് പറയുന്നു വിമുക്ത സിമുച്ചതെ വിമുക്തനായി മോചിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശരീരത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് മുക്തനായിട്ട് മരണശേഷം പുനഃ ശരീരം നഗർണാതി വീണ്ടും ശരീരത്തെ സ്വീകരിക്കുന്നില്ല അതാണ് മുക്തനായിട്ട് മുക്തനായിട്ടിരുന്നു എന്ന് പറയുന്നു മുക്തനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ ഇരിക്കെ തന്നെ മുക്തനാകുക വീണ്ടും മുക്തനാകുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഈ ശരീരബന്ധനത്തിൽ നിന്നും എന്നേക്കുമായി മുക്തനാകുക ഈ ശരീരപാദത്തിന് ശേഷം വേറെ ശരീരത്തെ സ്വീകരിക്കുന്നില്ല അതാണ് ജീവൻ മുക്തി വിദേഹമുക്തി എന്നെല്ലാം വർണ്ണിക്കുന്നു പല പ്രക്രിയകൾക്കനുസരിച്ച് ശരീരത്തിൽ ഇരിക്കെ മുക്തനായി തീരുക പിന്നീട് ശരീരം സ്വീകരിക്കാത്ത തരത്തിൽ നിത്യമുക്തനായി തീരുക അങ്ങനെ മുക്തനായി തീരുന്നു എന്നാണ് ഈമിയായിരിക്കുന്ന ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപത്തെ യഥാർത്ഥ ജ്ഞാനത്തോടു കൂടി ധ്യാനിച്ചു കഴിഞ്ഞാൽ അവൻ ദുഃഖത്തിൽ നിന്നെല്ലാം മുക്തനായിത്തീരുന്നു അവന് പിന്നീട് ശരീരം സ്വീകരിക്കേണ്ടി വരുന്നില്ല എന്നാണ് ഈ മന്ത്രത്തിൽ അനുപദേദം പുരം ഏകാദശ്രചേതസിനി അനുജനുഷാ നോചതി അജസ്യ അജനായിരിക്കുന്ന അവക്രചേതസ് നിത്യവിജ്ഞാനസ്വരൂപിയായിരിക്കുന്ന ആത്മാവിന്റെ ഇതാണ് ഏകാദശുരം ഏകാദശ പതിനൊന്ന് വാതിലുകളോടുകൂടിയിരിക്കുന്ന ഈ പുരം ഇതിന്റെ സ്വാമിയെ അജനെ അനുഷ്ഠായ ധ്യാനിച്ചിട്ട് ധ്യാനിച്ചു കഴിഞ്ഞാൽ ഒരു വന്നശോചരി പിന്നെ അവൻ ദുഃഖിക്കുന്നുണ്ട് വിമുക്ത അവൻ വിമുക്തനായിട്ട് വിമുച്ചതേ മോക്ഷത്തെ നേടുകയും ചെയ്യുന്നു ശരീര ബന്ധത്തിൽ നിന്നും ആയി മോചിക്കുകയും ചെയ്യുന്നു ശരീരത്തിൽ ഇരുന്ന് മോക്ഷത്തെ നേടി ശരീരബന്ധത്തിൽ നിത്യമായ മോക്ഷത്തെ നേടുന്നു പുരം ഏകാദശവ്രചേദസുഷോചതി വിമുക്ത വിമുച്യത സ ഹി സർവപുരവർത്തി കഥം സതു ഇവിടെ പറഞ്ഞ ഈ ആത്മാവ് അജൻ അവക്രചേതസ് എന്നെല്ലാം പറഞ്ഞ ആത്മാവ് ശരീരപുരവർത്തി ഒരു ശരീരമാകുന്ന പുരത്തിൽ വർത്തിക്കുന്നവൻ അല്ല അവൻ ഒരു ശരീരത്തിന് വർത്തിക്കുന്നു എന്നില്ല തന്റെ ശരീരത്തെ സംബന്ധിച്ചാണ് ഇതെല്ലാം പറഞ്ഞത് ഈ ആത്മാവ് തന്റെ ശരീരത്തിന് വർത്തിക്കുന്നു എന്നുള്ളതല്ല കിം ദീ പിന്നെങ്ങനെയാണ് സർവ്വ പുരവർത്തി സർവപുരങ്ങളിലും അവൻ കഥ അതെങ്ങനെ സർവ പുരവർത്തിയാകുന്നത് എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ സർവാത്മഭാവം തന്റെ സർവാത്മഭാവം താൻ കേവലം ശരീരത്തിൽ മാത്രമല്ല വർത്തിക്കുന്നത് താൻ സർവാത്മാവാണ് സർവത്തിന്റെയും ആത്മാവായി വർധിക്കുന്നവനാണെന്നുള്ള സർവാത്മഭാവം തന്റെ അതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അടുത്ത മന്ത്രം എന്നാണ് രണ്ടാമത്തെ മന്ത്രം ശുചിഷ് ഹംസഹ ശുചിഷദ് അതിഥർ ദുരോണസ്യോമസോതം ബൃഹത് ഈ ആത്മാവിന്റെ സർവാത്മത്വത്തെ വിശദീകരിക്കുന്നതിനു വേണ്ടി ഏതേതെല്ലാം രൂപത്തിൽ അത് സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതിനു വേണ്ടിയിട്ടാണ് ഈ മന്ത്രം അതിനെയാണ് ആദ്യം വ്യാഖ്യാനിക്കുന്നത് ഹംസഹി ശുചു ദ ഹംസഹനു ഹിംസാഗത്യുഹു എന്ന് പറയുന്ന ധാതുവാണ് ഹനുധാതുവിന് ഹിംസ ഹിംസിക്കുക എന്നുള്ള അർത്ഥമുണ്ട് ഹന്തി ഗമനം എന്നുള്ള അർത്ഥമുണ്ട് ഹന്തി ഗതി എന്നർത്ഥമുണ്ട് ഹന്തി കഥ ഘ്നന്തി ഗതി എന്നുള്ള അർത്ഥമുണ്ട് കൂടെ ഗമനാർത്ഥമാണ് ഹന്തി ഹംസഹന്തികച്ചി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ ശുചിഷ് അതിനെ തന്നെ വിശദീകരിക്കുന്നു ശുചൌ ശുചി എന്ന് പറയുന്ന ആകാശം ആകാശം ശുദ്ധമായത് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്ന വസ്തു ആകാശമാണ് അതിന് അങ്ങനെയുള്ള ശുചൌ ദിവി ആകാശത്തിന് ആദിത്യാത്മന സീതതി ആദിത്യരൂപത്തിൽ സീതതി ഗച്ഛതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആകാശത്ത് ആദിത്യരൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനാ പരമാത്മാവ് തന്നെ എന്നാണ് അതാണ് ഹംസ ശുചിഷത് ശുചി സീതീതി ശുചി ഷത്ത് ആകാശത്ത് സഞ്ചരിക്കുന്നവൻ ഹംസം എന്ന പദം തന്നെ ഹംസം എങ്ങനെയാണോ ആകാശത്തുകൂടി ഹംസം പറക്കുന്നത് അതുപോലെ ആദിത്യരൂപത്തിൽ ഇവൻ ആകാശത്ത് കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അപ്പൊ അത് ഈ പുരത്തിന് സ്വാമിയായിരിക്കുന്ന യജമാനായിരിക്കുന്ന ഈ ജീവൻ തന്നെയാണ് ആകാശത്ത് ആദിത്യരൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാണ് ആത്മാവിന്റെ സർവാത്മത്വത്തെ വെളിപ്പെടുത്തുന്നു പറഞ്ഞത് വസു അന്തരീക്ഷ സർവത്തെയും വാസയതി വസിപ്പിക്കുന്നത് ഈ ശരീരത്തിന്റെ ഉള്ളിൽ നിലനിർത്തുന്നത് സർവപ്രാണികളെയും അതാത് ശരീരങ്ങളിൽ നിലനിർത്തുന്നത് ജീവനെ ധാരണം ചെയ്യിപ്പിക്കുന്നത് പ്രാണനായിരുന്നു കൊണ്ട് അത് തന്നെ എന്ത് ചെയ്യുന്നു അതിനെന്നോട് പറഞ്ഞത് വസു വസു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പറയും പ്രാണൻ അത് എന്തു ചെയ്യുന്നു വായു ആത്മന അന്തരീക്ഷേ സീതതി അന്തരീക്ഷസത് അത് തന്നെ വായു ആത്മന വായുവിന്റെ രൂപത്തിൽ അന്തരീക്ഷേ യാകാശത്ത് ഗച്ഛതി അതാണ് അന്തരീക്ഷസത്ത് അന്തരീക്ഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു മലയാളത്തിൽ അന്തരീക്ഷം എന്ന് പറയും സംസ്കൃതത്തിൽ അന്തരീക്ഷം അന്തരീക്ഷത്തിൽ ഈ അന്തരീക്ഷത്തിൽ വായുരൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ഈ ശരീരത്തിന്റെ ഉള്ളിൽ ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് നിൽക്കുന്നു ഇതിന്റെ ഉള്ളിൽ വസിപ്പിക്കുന്നു അപ്പോൾ അത് പ്രാണനായി പുറമെ വായുരൂപത്തിൽ ഉള്ളിൽ പ്രാണനായി അതാണ് അടുത്തു പറഞ്ഞിരിക്കുന്നത് വസുരന്തരീക്ഷ സദ് സദ് സീതതി എന്നുള്ള അർത്ഥം വരുന്നത് സദ്ധാതുവിന്റെ രൂപമാണ് സദ് എന്ന് കാണിക്കുന്നത് വിശരണ കൃത്യവസാദനയോഹോ എന്ന് പറയും ആ സദ് എന്ന് പറയുന്ന ധാതുവിന്റെ രൂപം ഇവിടെ അവസാനം സുചിഷദ് അന്തരീക്ഷസദ് ഉപനിഷത്ത് എന്നൊക്കെ വരുന്നിടത്ത് ആ ഹോത പറയുന്നു അഗ്നി ഹോതാവെന്ന് പറഞ്ഞാൽ അഗ്നിയാണ് ഇവിടെ അഗ്നി ഹോത ഇതി ശ്രുതേഹി അഗ്നിയാണ് ഹോദാവെന്ന് ശ്രുതി പറയുന്നുണ്ട് ശ്രുതി തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഹോദാവെന്ന് പറഞ്ഞാൽ അഗ്നി എന്നുള്ളത് അത് തന്നെയാണ് വേദിഷത് വേദിയിൽ സഞ്ചരിക്കുന്നവൻ എല്ലാ യജ്ഞ വേദികളിലും ഇരിക്കുന്നവൻ അഗ്നി തന്നെയാണ് ഹോതാവേദിഷ ഹോദാവായിരുന്നുകൊണ്ട് എല്ലാ വേദികളിലും പോയി ഹവനം ചെയ്യുന്നവൻ എന്നുള്ള അർത്ഥത്തെ എടുക്കാം പക്ഷെ ഭക്ഷ്യകാരനെ അഗ്നി അഗ്നിയായി സ്ഥിതി ചെയ്യുന്നവൻ അഗ്നി സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവാണ് കാരണം അഗ്നി എവിടെയും പ്രകടമാകുന്നു ഭൂമിയിനും അന്തരീക്ഷത്തിനും ജലത്തിനും എല്ലായിടത്തും അഗ്നി പ്രകടമാകുന്നുണ്ട് അതുകൊണ്ട് അഗ്നിയും സർവവ്യാപിയാണ് േദി എന്ന് പറഞ്ഞാൽ എന്താണ് പൃഥി വേദി എന്ന് പറഞ്ഞാൽ പൃഥ്വി അത് ശ്രുതി പറയുന്നുണ്ട് ആ പൃഥിവിയിൽ സീതതി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു വേദിഷത്ത് അഗ്നി പൃഥി സർവത്ര സഞ്ചരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ആ പൃഥ്വിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു പറയുന്നതിന് പൃഥിവി എന്നുള്ള അർത്ഥം എങ്ങനെ വന്നു യജ്ഞ വേദി എന്ന് ആണല്ലോ സാധാരണ അർത്ഥം അത് പറയുന്നു ഇയം വേദി പരോ അന്ധ പൃഥി എന്ന് പറയുന്നു േദിഹി പറയുന്നു ഈ വേദിഹി യജ്ഞവേദിയെ കുറിച്ച് പറയുന്നു പരോ അന്ത പരോ അന്ത അന്യരൂപമാണ് മറ്റൊരു രൂപമാണ് പൃഥിവിടെ അവസ്ഥാന്തരമാണ് മറ്റൊരു രൂപമാണ് ഈ വേദി എന്ന് വേദിയെ സ്തുതിച്ചു പറയുന്നിടത്ത് വേദി എന്ന് പറഞ്ഞാൽ പൃഥിവി എന്നർത്ഥം പറയുന്നുള്ളതെന്നാണ് ഏർ സംഹിതയിൽ ഇത്യാദി മന്ത്രവർണ്ണ ഈ മന്ത്രവർണ്ണങ്ങളിൽ നേരത്തെ അഗ്നി ഹോതാവ് അഗ്നിയെ ഹോതാവെന്ന് ശ്രുതി പറയുന്നത് പോലെ ഹോതാവാണ് അഗ്നി എന്ന് പറയുന്നത് അതുപോലെ വേദിയെ പൃഥിവി എന്ന് പറയുന്ന ശ്രുതിഭാവമുണ്ട് അഗ്നി രൂപത്തിൽ ഈ പൃഥിവിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ അവനാണ് ആത്മാവ് എന്നാണ് ഇത്യാദി മന്ത്രവർണ്ണമാണ് ഈ മന്ത്രത്തെ ഇവിടെ ഉദ്ധരിച്ചത് വേദി എന്ന് പറയുന്ന ശബ്ദത്തിന് പൃഥിവി എന്നുള്ള അർത്ഥമുണ്ട് എന്ന് കൽപ്പിക്കാനാണ് അടുത്തു പറയുന്നെന്താണ് അതിഥിഹി ദുരോണസത് അതിഥിഹി ദുരോണസത് അതിഥിഹി സോമഹ സൻ ദുരോണി കലശേ സീതതി ഇതി ദുരോണസത് അതിഥി ദുരോണസ രണ്ടു തരത്തിൽ വ്യാഖ്യാനിക്കാം അതിഥി സോമ സോമരസത്തിന് അതിഥിന്ന് പേരുണ്ട് അതായത് സോമലത പിഴിഞ്ഞ് എടുത്താണ് സോമരസം ഉണ്ടാക്കുന്നത് സോമലതയിൽ നിന്ന് കടന്നു വരുന്ന അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നയാളാണ് അതുകൊണ്ട് അതിഥി എന്ന് സോമരസത്തിന് അർത്ഥമുണ്ട് അങ്ങനെ എടുക്കുകയാണെങ്കിൽ സോമഹസൻ ദുരോണേ കലശേ സീതതി കലശങ്ങളിൽ ഇരിക്കുന്നവൻ സോമരസത്തെ എടുത്ത് കലശങ്ങളിൽ നിറച്ച് യാഗത്തിനുവേണ്ടി ഉപയോഗിക്കുന്നു അങ്ങനെ ദുരോണസ യാഗവുമായി ബന്ധപ്പെട്ട് ആ സോമരൂപത്തിൽ യാഗത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് സോമരസം അങ്ങനെ ആ സോമരസ സ്ഥിതി ചെയ്യുന്നവൻ എന്ന് പറയാം അല്ലെങ്കിൽ പ്രസിദ്ധമായ അർത്ഥം എടുക്കാം വരുന്ന ബ്രാഹ്മണൻ ബ്രാഹ്മണ ബ്രാഹ്മണൻ അതിഥിരൂപേണ അതിഥിരൂപത്തിൽ ദുരോണമെന്ന് പറഞ്ഞാൽ വീടെന്നർത്ഥമുണ്ട് കലശം എന്നർത്ഥമുള്ളതുപോലെ തന്നെ വീടെന്നും അർത്ഥമുണ്ട് ദുരോണേഷു ഗ്രഹേഷുശീതീ അപ്പോൾ അതിഥി രൂപത്തിൽ വീടുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ബ്രാഹ്മണൻ അവനുമാ പരമാത്മാവ് തന്നെ അങ്ങനെയർത്ഥം പറയാം അപ്പൊ അതിഥിക്ക് അങ്ങനെയർത്ഥം അതിഥിയായിട്ട് വീടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നവൻ ബ്രാഹ്മണൻ എന്നർത്ഥം പറയാം വീടുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ അപ്പൊ അതിഥി ദുരോണസത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥിയായി ദുരോണങ്ങളിൽ വീടുകളിൽ വന്നുകൊണ്ടിരിക്കുന്നവൻ അതും ആത്മാവ് തന്നെ അതിഥിയായി വരുന്നവൻ ആ ആത്മാവാണ് അങ്ങനെ അതിന്റെ സർവാത്മഭാവത്ത് പറയുന്നു അടുത്തു പറയുന്നു അടുത്തു വരുന്നുഷദ് മനുഷ്യൻ ിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ മനുഷ്യരിൽ സഞ്ചരിക്കുന്നവൻ മനുഷ്യ ശരീരങ്ങളിലെല്ലാം ജീവരൂപത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനാണ് അവന് എന്ന് പറയുന്നു അടുത്ത് പറയുന്നു വരസത് അതും ആത്മാവിന്റെ സർവാത്മഭാവത്തെ കാണിക്കുകയാണ് വരസത് മന്ത്രത്തിൽ നിർഷദ് വരസത് പറയുന്നു വരേഷു ദേവേഷു സീതതി ദേവന്മാർ ആ ദേവശരീരങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരുടെ ശരീരത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവൻ ആണ് ദേവേഷു സീതതി അതും ഈ പുരസ്വാമിയായിരിക്കുന്ന യജമാനായിരിക്കുന്ന ആത്മാവ് തന്നെയാണ് വൃതസത് പറയുന്നു വൃതം സത്യം യജ്ഞോത്താണ് വൃതം എന്ന് പറയുന്നതിന് സത്യവും അർത്ഥമുണ്ട് യജ്ഞവും അർത്ഥമുണ്ട് ആ സത്യത്തിൽ സഞ്ചരിക്കുന്നവൻ നിലനിൽക്കുന്നവൻ അതായൻ തന്നെ ഇപ്പുരസ്വാമി തന്നെയാണ് സത്യത്തിൽ യജ്ഞം വന്നു കൊണ്ട വൈദികമായ യജ്ഞം വൈദിക കർമ്മങ്ങൾ അതിൽ സഞ്ചരിക്കുന്നവൻ അതിൽ സത്തായിരിക്കുന്നവനാൽ അതിനെ നിലനിർത്തുന്നവൻ അതിനെ പ്രവർത്തിപ്പിക്കുന്നവൻ ആ വൈദിക കർമ്മരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അങ്ങനെയും എടുക്കാം അല്ലെങ്കിൽ സത്യത്തിൽ സ്ഥിതി ചെയ്യുന്നവൻ അതും അവൻ തന്നെ വ്യോമസത് വ്യോമിനി ആകാശി ശീതീതി വ്യോമസദ് ഈ സർവവ്യാപിയായിരിക്കുന്ന ആകാശത്തിൽ സർവത്തെ ഉൾക്കൊള്ളുന്ന ആകാശ രൂപത്തിൽ സഞ്ചരിച്ചു അതുമാ പരമാത്മാവ് തന്നെ അതാണ് വ്യോമസത് വ്യോമിനി ആകാശി സീതീരി വ്യോമസത്ത് അബ്ജ അബ്സു ശുക്തി മകരാധിരൂപേണ ജായതെ ഇതി ജലത്തിൽ അബ്ജ ഇവിടെ മാറി സഞ്ചരിക്കുന്നവനെന്നല്ല ജനിക്കുന്നവനെന്നാണ് ഈ ജലത്തിൽ ജനിക്കുന്നവൻ ഇതുവരെ മനുഷ്യനും ദേവനും മറ്റ് ജീവികളെ കുറിച്ചാണ് പറഞ്ഞത് ജലത്തിലുള്ള ജീവികളെ കുറിച്ച് പറയുന്നു ആ ജലത്തിൽ ശംഖമായി ശുദ്ധി ചിപ്പിയായി മകരം മത്സ്യങ്ങളായി മകരാതിരൂപേണ ജാതി അങ്ങനെയെല്ലാം ഉണ്ടാകുന്നവണ് ആ ജലജീവികളായി ജനിക്കുന്നത് അതും ഈ ശരീര സ്വാമിയായിരിക്കുന്ന അജനായിരിക്കുന്ന അവക്രജസ്സായിരിക്കുന്ന ആത്മാവ് തന്നെ ഗോച ഗവി ാംരൂപേണ ജായതെ ഗോചോച അവിടെ എല്ലടത്തും സത് എന്നുള്ള മാറി നേരത്തെ സഞ്ചരിക്കുന്നവനെന്നാണ് ഇവിടെ ജനിക്കുന്നവനെന്നായി ഗോച ഗവി പൃഥിവ്യാം ഈ ഭൂമിയിൽ വ്രീഹി യവാദിരൂപീണ നെല്ലായി യവമായി മറ്റും ജനിക്കുന്നവൻ നെല്ലായും യവമായും മറ്റം ജനിക്കുന്നത് അതുകൊണ്ട് തന്നെ ധാന്യങ്ങളായി നട സസ്യങ്ങളായി ജനിക്കുന്നത് സസ്യങ്ങൾ ധാന്യങ്ങൾ ഉണ്ടാക്കുന്ന സസ്യങ്ങളായി ജനിക്കുന്നതും ആത്മാവ് തന്നെയാണ് സസ്യങ്ങളിലും ആത്മാവുണ്ട് സസ്യങ്ങൾക്കും ജീവനുണ്ട് ആ അജനായിരിക്കുന്ന പുരസ്വാമിയാണ് ഈ സസ്യങ്ങളിലും സ്വാമിയായിരിക്കുന്നത് എന്ന് പറയുന്നു അറു യജ്ഞാംഗ ജായതേ യജ്ഞാംഗങ്ങളായി യജ്ഞവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ഉണ്ടോ അതെല്ലാം യജ്ഞാംഗങ്ങളാണ് യജ്ഞാംഗമായി പ്രപഞ്ചത്തിന്റെ സർവ ഘടകങ്ങളും യജ്ഞാംഗമാണെന്ന് പറയും ആ രീതി വ്യാഖ്യാനിക്കുമ്പോൾ സർവപ്രപഞ്ച ഘടകങ്ങളായും ഉണ്ടാകുന്നത് അവൻ തന്നെയാണ് നദ്യാതിരൂപേണ ജായതേ പർവ്വതങ്ങളിൽ നിന്ന് നദീരൂപത്തിൽ അതായത് ജഡചൈതന്യം ചേതനവത്തായിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞതല്ല ഇനി പറയുന്നത് അത് മാത്രമല്ല ജഡമായി ജനിക്കുന്നതും അതുതന്നെ നദ്യാതി ജഡവസ്തുക്കളായി ജനിക്കുന്നതും അത് തന്നെ അപ്പോൾ ചിത്തായും ജഡമായും ഇവിടെ എന്തെല്ലാം കാണപ്പെടുന്നുണ്ടോ അതെല്ലാം ഈ പുരസ്വാമിയായിരിക്കുന്ന അജനായിരിക്കുന്ന ഈ ആത്മാവ് തന്നെയാണ് ഒന്നുകിൽ ആ രൂപത്തിൽ അത് അല്ലെങ്കിൽ ആ രൂപത്തിലത് ഉത്പന്നമായി കൊണ്ടിരിക്കുന്നു രണ്ടു രീതിയിലും പറയാം ഇതാണ് ആത്മാവിന്റെ സർവാത്മഭാവം സർവചരാചരവും ആ പരമാത്മാവ് തന്നെ സർവത്മാവി സൻ ഋതം ആ വിധത സ്വഭാവ അതായത് ഇവിടെ മന്ത്രത്തിൽ പറഞ്ഞെന്താണ് ഗോച ഋതജ അദ്രിജ ഭൂമിയിലുണ്ടാകുന്ന സസ്യങ്ങളും മറ്റും ഋതജ യജ്ഞ അംഗങ്ങളായിരിക്കുന്ന ഈ പ്രപഞ്ചഘടകങ്ങളെല്ലാം അദ്രിജ പർവ്വതത്തിൽ നിന്നും ഉണ്ടാകുന്ന നദികളും മറ്റും ജഡവവസ്തുക്കളെല്ലാം അതുമാത്രമല്ല അടുത്ത് പറയുന്നു ഏതം ബൃഹത് രണ്ടു പദങ്ങളാണ് മന്ദിരത്തിന് അവശേഷിക്കുന്നത് അതിനെ വ്യാഖ്യാനിക്കുകയാണ് റതം ഇങ്ങനെയല്ല അത് ജനിക്കുന്നുണ്ടെങ്കിലും എന്തു ചെയ്യുന്നു പലരൂപത്തിനും അത് പ്രകടമാകുന്നുണ്ടെങ്കിലും ആത്മാവ് സർവാത്മാവി ഇതുവരെ പറഞ്ഞതിന്റെ ചുരുക്ക ഒറ്റ വാക്കിൽ പറയണ സർവാത്മാ സർവസ്വരൂപമായി നിലനിൽക്കുന്നു അങ്ങനെ സർവസ്വരൂപമായി നിലനിൽക്കുന്നുണ്ടെങ്കിലും സൻ അറിതം അത് സത്യമാണ് അവിധത സ്വഭാവം ഒരിക്കലും മാറ്റമില്ലാത്ത സ്വരൂപത്തോടുകൂടിയതാണ് അത് സർവമാറ്റങ്ങളോടുകൂടിയതായി ഇരിക്കെ തന്നെ ഒരു മാറ്റവും ഇല്ലാതെ സ്ഥിതി എന്നർത്ഥം അതിനാണ് ഈ സർവ്വപരിണാമങ്ങളും സർവമാറ്റങ്ങളും സംഭവിക്കുന്നത് അങ്ങനെ സംഭവിച്ചാലും അതിന് മാറ്റം ഉണ്ടാകുന്നില്ല കാരണം ഇങ്ങനെ പലതായി തീരുന്ന ഒന്നും അതെങ്ങനെ സത്യമായിരിക്കുമെന്നുള്ളതിന് സമാനം പറയാണ് ഇത് പലതായാലും സത്യമായി തന്നെ ഇരിക്കുന്നു അതാണ് സർവാത്മാവിസ്സൻ നൃത്തം അവിധതസ്വഭാവ മാറ്റമില്ലാത്ത മിഥ്യ അല്ലാത്ത സ്വരൂപത്തോടുകൂടി ഇതാണ് എന്ന് വെച്ചാൽ മിഥ്യ ഇല്ലാതാകുന്നത് നശിക്കുന്നത് എന്നൊക്കെ അർത്ഥം അങ്ങനെ അല്ലാത്തത് ബൃഹത് അതെങ്ങനെ കഴിയുമോ അതിന് എല്ലാ പ്രണാമങ്ങളും സംഭവിക്കുക എന്നാൽ അത് സത്യമായി സ്ഥിതി ചെയ്യുക എല്ലാ മാറ്റങ്ങളും നാനാ രൂപത്തിൽ ജഡ അജരൂപത്തിൽ ജഡരൂപത്തിൽ സ്ഥിതി ചെയ്യുക എന്ന മാറ്റമില്ലാതിരിക്കുന്ന എന്തുകൊണ്ടാണ് സംഭവിക്കുന്നു അതിന് സമാധാനമാണ് അടുത്ത് പറഞ്ഞത് അത് ബൃഹത് അത് ബൃഹത്താണ് ഇതെല്ലാത്തിനെയും വികാരിയായും അവികാരിയായും മാറുന്നതായും മാറാത്തതായും എല്ലാമായും നിൽക്കാൻ അതിന് കഴിയുന്നുണ്ട് സഗുണമായും നിർഗുണമായും എല്ലാം അതിനെ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ബൃഹത്താണ് മഹാനാണ് അത് മഹത്തായതുകൊണ്ട് അതിന് കഴിയും മറ്റൊന്നിനും അതിന് കഴിയത്തില്ല എന്ന് അർത്ഥം ലോകത്തിലേതായാലും ഒന്ന് പരിണമിച്ചാൽ നശിച്ചു ഇത് പരിണമിച്ചാലും ആ പരിണാമിയായി തന്നെ നിൽക്കും അതാണ് സർവകാരണത്വ ഈ സർവ്വ വികാരങ്ങൾക്കും അത് കാരണമായി നിൽക്കുന്നു സർവവികാരങ്ങളും അതിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാൽ അതിന് യാതൊരു വികാരവും സംഭവിക്കുന്നുമില്ല അതാണ് അതിന്റെ വിശേഷത ർത്ഥം ഈ മന്ത്രത്തെ അദ്വൈതപരമായ വ്യാഖ്യാനമാണ് ഇവിടെ പറഞ്ഞത് ഈ മന്ത്രങ്ങളെല്ലാം ആചാര്യസ്വാമികു മുമ്പും പലരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് ആ വ്യാഖ്യാനങ്ങളൊന്നും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ചാണ് അതുപോലെയുള്ള ചില വ്യാഖ്യാനങ്ങളെ പരാമർശിച്ചുകൊണ്ട് ഇവിടെ പറയാണ് അദ്വൈതപരമായ പരമാത്മാനിഷ്ഠമായ വ്യാഖ്യാനങ്ങളൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത് പറയുന്നു യഥാപി ആദിത്യേവ മന്ത്രേണ ഉച്ചതി ആദിത്യനെയാണ് ഈ മന്ത്രത്തിൽ പറയുന്നത് ഹംസഹ ശുചിഷ എന്നെല്ലാം പറയുന്നത് ആദിത്യനെ യോജിക്കുന്നുണ്ട് ഹംസം എന്നുള്ള പേര് ആദിത്യനും വേദത്തിൽ പല ഭാഗങ്ങളും ഉപയോഗിക്കുന്നുണ്ട് പര്യായ ആദിത്യന്റെ പര്യായ ഹംസം അതുകൊണ്ട് ആദിത്യനാണ് ഈ പറയുന്നതെല്ലാം യോജിക്കുന്നത് എന്ന് പറയുകയാണെങ്കിൽ മന്ത്രം വെച്ച് തഥാപി അസ്യ ആത്മസ്വരൂപത്വം ആദിത്യ അംഗീകൃത മന്ത്രത്തിന്റെ തന്നെ ബ്രാഹ്മണഭാഗത്തിലും വ്യാഖ്യാനിച്ചിട്ടുണ്ട് വേദത്തിന്റെ തന്നെ ബ്രാഹ്മണ ഭാഗത്തിൽ ഹംസ ആദിത്യ എന്ന് തുടങ്ങി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ അതിനനുസരിച്ച് ഇത് ആദിത്യനെയാണ് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദോഷമൊന്നുമില്ല തഥാപി അസി ആത്മസ്വരൂപത്വം ആദിത്യസ്യ ഈ ആദിത്യന്റെ സ്വരൂപവും ആത്മാവാണോ ആദിത്യനും ആത്മാവ് തന്നെ പരമാത്മാവ് തന്നെ അസി ആദിത്യസ്യ ആത്മസ്വരൂപത്വം വേദത്തിൽ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ് അത് പരമാത്മാവാണ് പരമാത്മാവിന്റെ പ്രകടമായ രൂപമാണ് ആദിത്യൻ എന്ന് പറയുന്നത് കൊണ്ട് അംഗീകൃതത്വം അത് എന്ന് ശ്രുതി അംഗീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് ആദിത്യൻ എന്നുള്ള ശബ്ദം കണ്ടതുകൊണ്ട് ഇത് കേവല ആദിത്യനെ പറയുകയാണെന്ന് ധരിക്കേണ്ട ബ്രാഹ്മണ വ്യാഖ്യാനി അവിരോധ ശ്രുതിയുടെ തന്നെ ഭാഗമാണ് ബ്രാഹ്മണം ആ ബ്രാഹ്മണഭാഗത്ത് തന്നെ ഹംസ ആദിത്യത എന്ന് ഈ മന്ത്രത്തെ ബ്രാഹ്മണം സ്വയം വ്യാഖ്യാനിക്കുന്നുണ്ട് ശ്രുതി തന്നെ മന്ത്രത്തെ വ്യാഖ്യാനിക്കുന്നതാണ് ബ്രാഹ്മണഭാഗം ആ വ്യാഖ്യാനത്തെ പിന്തുടർന്ന് പലരും ആദിത്യനാണെന്ന് മറ്റുള്ളവരും വ്യാഖ്യാനിച്ചിട്ടുണ്ട് അങ്ങനെ വ്യാഖ്യാനിച്ചാലും ദോഷമൊന്നുമില്ല ആദിത്യനും പരമാത്മാവ് തന്നെയാണ് അതുകൊണ്ട് വിരോധം ഒന്നുമില്ല തന്റെ ഈ വ്യാഖ്യാനമായിട്ടവിടെ വിരോധം വരുന്നില്ല എന്നർത്ഥം സർവവ്യാപി ഏകയേവ ആത്മാ ജഗതോ എന്ന ആത്മഭേദ ഇതി മന്ത്രം അപ്പൊ ഇതിനെ ആദിത്യനായി വ്യാഖ്യാനിച്ചാലും താൻ പറഞ്ഞതുപോലെ വ്യാഖ്യാനിച്ചാലും ഈ പരമമായ താല്പര്യം എന്താണ് സർവവ്യാപി സർവവ്യാപിയായ ഏകയേവ ആത്മാ ജഗത ഈ ജഗത്തിൽ ഏകനായ ആത്മാവ് ആത്മാവേകനാണ് ജീവഭേദം ഇവിടെ ഇല്ല ഇതാണ് ഈ മന്ത്രത്തിന്റെ താത്പര്യം എന്നാണ് അതുകൊണ്ട് ആ പരമാത്മാവിന്റെ സർവാത്മഭാവത്തെ കാണിക്കാൻ വേണ്ടി സർവരൂപത്തിനും പ്രകടമായിരിക്കുന്ന അവൻ തന്നെ എന്ന് കാണിക്കാൻ വേണ്ടി ആണ് എന്നർത്ഥം അതിനാണ് ഈ മന്ത്രം എന്നാണ് അതായത് അദ്വൈതത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ പരമാത്മതത്തെക്കുറിച്ച് ഏതെല്ലാം ആചാര്യന്മാരെന്തെല്ലാം ഉപദേശിച്ചിട്ടുണ്ടോ അതെല്ലാം അതിന്റെ മൂലരൂപത്തിൽ ശ്രുതിയിൽ നിന്നും വന്നിട്ടുള്ളതാണ് വേദത്തിൽ നിന്നും വന്നിട്ടുള്ളതാണ് അപ്പൊ ഇതെല്ലാം നമ്മൾ പല ഗുരുക്കന്മാരും ഉപദേശിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് അങ്ങനെ ഉപദേശിച്ചിട്ടുള്ള ഇതൊന്നും തന്നെ പുതിയ കാര്യങ്ങളല്ല ഇതെല്ലാം ശ്രുതിയിൽ നേരത്തെ തന്നെ നിർദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഭാഷകാരൻ നമ്മളെ നോക്കാം അത് പദം പിരിച്ച് വായിക്കുന്നതിന് ശ്രദ്ധിക്കണം വസു അന്തരീക്ഷ അതുവരെ സദ്ധാതു അന്തങ്ങളായ പദങ്ങളാണ് ഗമിക്കുന്നവൻ സഞ്ചരിക്കുന്നവൻ എന്നർത്ഥം അത് കഴിഞ്ഞ് വരുന്നത് അബ്ജോ ഇതെല്ലാം ജനി ധാതുവിന്റെ രൂപങ്ങളാണ് ജനിക്കുക എന്നുള്ള അർത്ഥത്തിലുള്ള ആ ധാത്വന്തങ്ങളായ ശബ്ദങ്ങളാണ് അവസാന രണ്ട് ശബ്ദം അന്തരീക്ഷ അവിടെ നൃഷദ് പിരിച്ചെടുക്കണം നൃഷദ് ഒറ്റ പദമാണ് അടുത്ത് വരസദ് അതടുത്ത് മറ്റൊരു പദമാണ് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് വേറൊരു പദം വ്യോമസദ് സന്ധി ചേർത്തിരിക്കുകയാണ് സന്ധ്യയല്ല പദങ്ങളെ കൂട്ടിച്ചേർത്തിരിക്കഷസദ് വരസദ് വ്യോമസദ് എന്നിങ്ങനെ കൂട്ടിച്ചേർത്തിരിക്കും സന്ധികളില്ല പദങ്ങൾ ചേർത്ത് വെച്ചിരിക്കുന്നു ഹംസ ശുചിഷദ് അടുത്ത് വായാണ് വസു വസു അന്തരി അവിടെ സന്ധി വന്നിട്ടുണ്ട് ശുചിഷദ് വസു അന്തരീക്ഷസദ് അടുത്ത സന്ധ്യ വന്നിട്ടാണ് അന്തരിക്ഷസോതേ അതിഥിഹി ദുരോണസത് എന്ന് വന്നിരിക്കുന്നത് വരസത് വൃതസത് ദായും ഏറും കൂടെ ചേരുന്നതിനാണ് അവിടെ ദൃത്സത് വ്യോമസത് അബ്ജ ഗോജ അദ്രിജം ബൃഹത്